നതൃത്വം നമ്മൾ ലോകതി പ്രഭു നമ്മഫലംയോം സ്വഭാവസ്തു പ്രവർത്ത നാദത്തെ കിത് പാപം നുതം വിഭു അജ്ഞാനാവൃതം ജ്ഞാനം തേന മുഹ്യം ജവു ശ്ലോകം കൊണ്ട് ജവഹാ തേന മുഖ്യന്തി എന്ന് ഭഗവാൻ പറഞ്ഞു നമുക്കൊക്കെ പേരാണ് ജന്തുക്കൾ എന്നാണ് ചീത്ത വിളിച്ചതല്ല ജനിച്ചവരൊക്കെ ജന്തുക്കളാണ് ജായതേ ഇതി ജന്തു ക്രീച്ചർ ദാറ്റ് വിച്ച് ഇസ് ക്രിയേറ്റഡ് അപ്പോ ജന്തുക്കൾ തേന മുഹ്യന്തി മുഖ്യന്തി എന്ന് വെച്ചാൽ ഗെറ്റ്സ് ലൂഡ് മോഹം ഗറ്റ് സന്ധി എന്നർത്ഥം മോഹം എന്ന് വെച്ചാൽ അജ്ഞാനം അജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ് നമ്മൾക്ക് കർത്തൃത്വം ഉണ്ടെന്നും നമ്മളിവിടെ എന്തൊക്കെയോ ചെയ്യാൻ വന്നിട്ടുള്ളവരാണെന്നും നമ്മൾക്കത് സ്വതന്ത്രമായി ചെയ്തു തീർക്കാനുള്ള ശക്തി ഉണ്ടെന്നും ഒക്കെ വിശ്വസിച്ച് ത്വരയോടുകൂടെ പ്രവർത്തിക്കുകയും പ്രവൃത്തിയിലൂടെ വാസന ആർജിക്കുകയും വാസനയിലൂടെ അജ്ഞാനം ആർജിക്കുകയും അജ്ഞാനത്തിലൂടെ സ്വരൂപം മറയ്ക്കപ്പെടുകയും മറയ്ക്കപ്പെട്ട സ്വരൂപത്തിലൂടെ വീണ്ടും പ്രവർത്തിക്കുകയും പ്രവൃത്തിയിലൂടെ വാസന ആർജിക്കുകയും വാസന സംസ്കാരമായി തീർന്ന് പ്രവർത്തിപ്പിക്കുകയും ഇതിനാണ് ചക്രം എന്ന് പറയണം ഈ ചക്കരത്തൊന്ന് പുറത്ത് ചാടാൻ വഴിയൊന്നുമില്ല പലരും സത്സംഗം കേട്ട് കഴിയുമ്പോ തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അവര് പറയും കേൾക്കുമ്പോ ഞങ്ങൾക്ക് ഇതുപോലെയൊന്നും ആവാൻ പറ്റണില്ലല്ലോ എന്നുള്ള വശമുണ്ട് എങ്ങനെ പുറത്തു വരും അതാണ് മുഖ്യന്തി ജന്തവാഹ സമുദ്രത്തില് ഉപ്പുവെള്ളം കുടിക്കുകയാണെന്ന് തോന്നുന്നു ഈ ഉപ്പുവെള്ളം കൂടി നിർത്തിയിട്ട് എപ്പോ പുറത്ത് ചാടും സമുദ്രത്തിൽ എങ്ങനെ രക്ഷപ്പെടും തേന മുഹ്യന്തി ജന്തവ ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണത് ഭഗവാന്റെ അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് അല്ലാതെ നമ്മളുടെ സ്റ്റേറ്റ് ആയിട്ട് മാറണം ഭഗവാൻ സ്റ്റേറ്റ്മെന്റ് പുറത്തെടുന്നത് നർത്തൃത്വം ന കർമാണി ആർക്കും ഇവിടെ കർത്തൃത്വമില്ല ഓരോരുത്തർക്കും പ്രത്യേകിച്ച് കർമ്മവും വിധിച്ചു കൊടുത്തിട്ടില്ല കസ്യചിത് പാപം നചൈവ സുഹൃതം വിപുഹും ആർക്കും പാപവും പുണ്യവും ഒന്നും വിധിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ ഇതൊക്കെ അനുഭവിക്കണതോ പ്രവർത്തിക്കണതോ ഓരോരുത്തർക്കും നോക്കിക്കഴിഞ്ഞാൽ സ്പെഷ്യൽ നേച്ചർ ഉണ്ടല്ലോ അതോ അതിനാണ് സ്വഭാവം എന്ന് പേര് ആ സ്വഭാവം നമ്മൾ എപ്പോഴൊക്കെയോ ആർജിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ആ സ്വഭാവം നമ്മളുടെ ജയിലായിട്ട് മാറിയിരിക്കുകയാണ് ആ സ്വഭാവത്തിന് തന്നെയാണ് അജ്ഞാനം എന്ന് പേര് ഒന്നിലും അഭിമാനിക്കാനില്ല എന്നാണ് ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നിലും അഭിമാനിക്കാനില്ല നല്ലവണ്ണം പാട്ടുപാടാൻ കഴിയുമെങ്കിൽ അഭിമാനിക്കാനേയില്ല ലോകം എന്തു പറയും വലിയ കഴിവാണ് ഇതിനെ ശരിക്കും പ്രയോജനപ്പെടുത്തിക്കൊള്ളണം അതുകൊണ്ട് ആ മ്യൂസിക് വേൾഡിൽ മേലെ പോകണം അവാർഡുകളൊക്കെ വാങ്ങിക്കണം ഇപ്പൊ പലരും പാട്ട് പഠിക്കുന്നത് തന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ രണ്ട് പാട്ട് പാടിയിട്ട് അവാർഡ് പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് കുട്ടികളെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ സാപാസ എന്നൊന്നും തുടങ്ങണ്ട രണ്ട് കീർത്തനം പഠിപ്പിക്കുക നല്ലവണ്ണം പാടുക പ്രൈസ് വാങ്ങിക്കുക അവിടെ തൊട്ട് മിസ് ഭഗവാൻ പറയണത് എന്ത് കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിലും ഈ കഴിവും പ്രവൃത്തിയിൽ ഏത് പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യണത് ആ പ്രവൃത്തിയുടെ വാസനയും തന്നെ പണ്ട് ആഗ്രഹിച്ച് നിങ്ങൾ ഉള്ളതാണ് ഇപ്പൊ നിസർഗമായി നിങ്ങളിൽ സ്വാഭാവികമായി വന്നു ചേർന്നിരിക്കുന്നത് അതിനെ നിങ്ങളുടെ സ്വഭാവമാണെന്ന് അറിഞ്ഞ് അതിൽ അഭിമാനിക്കാതെ അതിനെ ഭഗവാന് അർപ്പിച്ചില്ലാതാക്കാം എന്നുവെച്ചാൽ അതിൻ്റെ ഓണർഷിപ്പ് ഞാൻ വയ്ക്കാതിരിക്കുക അതിനെ ഭഗവത് ആരാധനയ്ക്കായിട്ട് അർപ്പിക്കുക സ്വകർമ്മണ തമഭ്യർത്ഥി സിദ്ധിം വിന്ദതി മാനവ ഭഗവാന്റെ ഗീതയിലെ സിദ്ധാന്തമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം എന്താണോ നിങ്ങളുടെ പ്രകൃതി എന്താണോ ആ പ്രകൃതി കൊണ്ട് ആ സ്വഭാവം കൊണ്ട് അന്തര്യാമിയായ നിങ്ങളുടെ നിയന്താവിനെ ഭഗവാനെ അർച്ചിക്കും അർച്ചിക്കാന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതിരിക്കൂ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുമ്പോ ലോകത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം അത് കർമ്മയോഗമാവും പ്രകൃതിയിലാണ് പ്രവൃത്തി നടക്കുന്നത് ഒന്നും എന്റെ സ്വരൂപത്തിലില്ലെന്ന് വിചാരിക്കാം അത് സാഖ്യയോഗമാവും ഭഗവാനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഭഗവാനാണ് എന്നെ എല്ലാം ചെയ്യിപ്പിക്കുന്നത് ഞാൻ കർത്താവോ ഭോക്താവോ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ഭക്തിയായി അതിൽ ഇത്തിരി മാധുര്യമുണ്ട് ഇത്തിരി സ്വീറ്റ്നസ് എൻ്റെ ഭഗവാനാണ് എല്ലാം ചെയ്യണത് ഈ വിശ്വരൂപത്തിൽ ഭഗവാൻ നിൽക്കണു എന്റെ ശരീരരൂപത്തിൽ ഭഗവാൻ നിൽക്കണു എന്റെ ഉള്ളിൽ പ്രകൃതിയായിട്ടും ഭഗവാൻ നിൽക്കണു ആ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്ന അന്തര്യാമിയായിട്ടും ഭഗവാൻ നിൽക്കണം അതുകൊണ്ട് കായേന മനസ്സാ ബുദ്ധിയ കേവലൈ ഇന്ദ്രിയൈ അഭി യോഗിന കർമ്മക്കുറുവന്തി സംഘം തെക്വാ ആത്മശുദ്ധയേ എന്നുള്ള സ്ഥലത്ത് ഭഗവതാ തുഷ്ടയേ എന്നാക്കിയാൽ മതി സന്തോഷിക്കട്ടെ ഭഗവാൻ വേണ്ടി ഞാൻ ചെയ്യും ഇത് മുഴുവൻ ആരാധനയാണ് അപ്പൊ നിത്യനിരന്തരം ഭഗവത് സ്മരണ ഉണ്ടെങ്കിൽ കർമ്മമൊക്കെ പൂജ ആരാധനയായിട്ട് ദേവപൂജയായിട്ട് തീരും അപ്പോ എങ്ങനെയാണെങ്കിലും വേണ്ട ഒന്നിലും അഭിമാനിക്കാനില്ല അതുകൊണ്ടാണ് ത്യാഗരാജസ്വാമികൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ ഞാൻ ഇതിനു മുമ്പ് ട്രസ്റ്റില് പറയുമ്പോ ആ ഒരു ദിവസം വിസ്തരിച്ച് പറയും ചെയ്തു ത്യാഗരാജന് കീർത്തനം പാടിയതിന് ശരഭോജി മഹാരാജാവ് കഴുത്തിലെ നെക്ലസ് മാലയിട്ട് കൊടുത്തിയതിന് ത്യാഗരാജൻ സന്തോഷിച്ചില്ല ഒമ്പത് വയസ്സ് കുട്ടിക്ക് വിവേക ഉദിച്ചു കരഞ്ഞുകൊണ്ട് രാമനോട് പ്രാർത്ഥിച്ചു ഈ നെക്ലസ് മാല കിട്ടാനാണോ ഞാൻ പാടുന്നത് ഈ മാല കിട്ടാനാണോ ഞാൻ പാടുന്നത് ഇതായിരിക്കണം ഭാവം നമ്മളിവിടെ വന്നിരിക്കുന്നത് എത്ര കണ്ട് നമ്മളുടെ സ്വഭാവം അതായത് നമ്മളുടെ പ്രത്യേക കഴിവുകള് പ്രത്യേക അഭിമാനം പ്രത്യേക സ്വഭാവ രൂപത്തിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒന്ന് നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത് ആ പ്രകൃതിയെ നമ്മളല്ലെന്നറിഞ്ഞ് അതിൽ കഴിവുണ്ടെങ്കിൽ അഭിമാനിക്കാനോ അതിൽ കഴിവുകേടുണ്ടെങ്കിൽ അതിലൊരു അപമാനം തോന്നാനോ ഒന്നും വകയില്ലാതെ ആ പ്രകൃതിയെ മാറ്റി നിർത്തുകയോ ഭഗവാനെ അർപ്പിക്കുകയോ അഥവാ ആ പ്രകൃതിയുടെ എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ തന്നെ ലോകമംഗളത്തിന് വേണ്ടി ഉപയോഗിച്ച് ഒന്നും തനിക്ക് വേണ്ടി ചെയ്യാതെ ചെയ്ത് തീർക്കുകയോ ചെയ്താൽ ആൾ മുക്തനാവും വലിയ സയൻസാണത് ഇതിനെത്തിരി ചിന്തിക്കണം സ്വാർത്ഥമായിട്ട് തന്നെ ചിന്തിച്ചോളൂ സ്വാർത്ഥം എന്ന് വെച്ചാൽ അവനവന് ഹിതം ചെയ്യാനായിട്ട് നമ്മൾക്ക് നമ്മൾ ഹിതം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ അപ്പോഴേ നമുക്ക് നമ്മൾ അന്വേഷിക്കുന്ന ഫുൾഫിൽമെന്റ് ഉണ്ടാവുള്ളൂ ഹോൾനെസ് ഉണ്ടാവുള്ളൂ നിറയവ് ഉണ്ടാവുള്ളൂ നമ്മളുടെ ശാരീരികമായ കർമ്മങ്ങൾ മാനസികമായ ചിന്തകൾ കൊണ്ടും ബുദ്ധിവ്യാപാരം കൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മൾക്ക് പ്രത്യേകമായ എന്തെന്ത് ഫീൽഡുണ്ടോ ആ ഫീൽഡിലൊക്കെ തന്നെ നിരന്തരം പ്രവർത്തിക്കുന്നു അതിന്റെ ഫലമായി എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പ്രസാദമായിട്ട് അനുഭവിക്കാം പക്ഷെ ഉദ്ദേശം എനിക്ക് എന്തെങ്കിലും കിട്ടാനായിട്ടെന്നില്ല ആ പ്രവൃത്തി തന്നെ സന്തോഷമാണ് അതുകൊണ്ട് ഭഗവത് ആരാധനയാണ് വേണ്ടിയാണെന്ന് കരുതിയാൽ എങ്ങനെ അവരവർ ചിലർക്ക് ലോകമംഗളത്തിന് വേണ്ടി കരുതുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇതൊക്കെ പ്രകൃതിയിലാണ് നടക്കുന്നത് എന്നിലില്ല എന്ന് സാക്ഷിഭാവത്തിലിരിക്കാനായിരിക്കും ടെമ്പറമെന്റ് ചിലർക്ക് ഇതൊക്കെ ഭഗവത് ആരാധനയാണ് ഭഗവാനെ അർപ്പിക്കുകയാണ് ഞാൻ ഭക്തനാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവത് സ്വരൂപമാണ് ഭഗവത് പൂജ ചെയ്യുകയാണിത് എന്നുള്ള ഭാവമായിരിക്കും അവർക്ക് ലളിതം ഏത് വിധത്തിലാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നാണ് അങ്ങനെ ചെയ്യാമെങ്കിൽ അത് ഈ അറിവിനാണ് ജ്ഞാനമെന്ന് പേര് ഈ അറിവുണ്ടെങ്കിൽ നമ്മളുടെ കർത്തൃത്വം ഭോക്തൃത്വം എന്നുള്ള രൂപത്തില് നമ്മളുടെ ആത്മാനുഭവത്തിനെ മറച്ചു കളയുന്ന നീങ്ങും എല്ലാവർക്കും ആത്മാനുഭവമുണ്ട് എല്ലാവരും ആത്മജ്ഞാനികളാണ് അജ്ഞാനികളേ ഇല്ല എല്ലാരും ആത്മജ്ഞാനികളാണ് രമണ ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഗീതയിൽ കർമ്മയോഗം എന്ന് പറയുന്നുണ്ടല്ലോ അതെന്താണ് യോഗ കർമ്മസു കൗശലം കർമ്മത്തിൽ കൗശലമാണ് യോഗം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ എന്താണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു എനിക്ക് ഭഗവാൻ ഒന്നും വേണ്ടിയില്ല അടുത്തിരിക്കുന്ന ഒരു പണ്ഡിതൻ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തുടങ്ങി ഭാഷയത്തിൽ പലതും ഉദ്ധരിച്ച് പലതും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ മഹർഷി മലയിൽ നടക്കാൻ പോവുകയാണെങ്കിൽ ഇവര് കൂടെ ഉണ്ട് ലക്ചർ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പോണ വഴിയിലൊരു മുള മുള്ളും മറ്റുമായിട്ട് ഒരു മുള കിടക്കുന്നുണ്ട് ആ മുള ഭഗവാൻ എടുത്തു എന്നിട്ട് കയ്യിലൊരു കത്തി പേനക്കത്തി ഉണ്ട് ആ കത്തി കൊണ്ട് ഇങ്ങനെ മുള ചെയ് ചെയ്യുകയും ചെയ്യുക ചെയ്യുക അതിന്റെ മുള്ളൊക്കെ വെട്ടി മുറിച്ച് പതുക്കെ ഏകദേശം മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ നേരം ഈ ലക്ചർ നടന്നുകൊണ്ടേ അവസാനം നോക്കുമ്പോ ആ മുളയാണോ ഇത് എന്ന് തോന്നുന്ന രീതിയിൽ അതിസുന്ദരമായ ഒരു വാക്കിംഗ് സ്റ്റിക്ക് അത് ചെത്തി മിനിക്ക് സാൻഡ് പേപ്പർ കൊണ്ട് ഒരച്ച് അതിനെ സ്ട്രേറ്റ് ആക്കി തീർത്ത് ഒക്കെ ആക്കി തീർത്തിട്ട് അതിനെ ഭഗവാൻ കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വഴിയെ പോണ വഴിയില് ഒരു ആട്ടിടയൻ പയ്യൻ അയാളുടെ ആടൊരു കുഴിയിൽ വീണ് കിടക്കുകയാണ് അയാൾക്ക് ഇറങ്ങാൻ പറ്റാതെ കുട്ടി പയ്യൻ നിൽക്കുന്നു ഭഗവാൻ അതിനകത്ത് ഇറങ്ങി ആടിനെ എടുത്തു കൊടുത്തിട്ട് ഈ വടി അവന്റെ കയ്യിൽ കൊടുത്തു അപ്പോ വളരെ പ്രയത്നിച്ച് ചെയ്ത് പ്രവൃത്തി ചെയ്ത് ആ പ്രവൃത്തി ആർക്കാണോ പ്രയോജനം അവിടെ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ആരാധനയായി അല്പമായ ഫലത്തിനെ ഇച്ഛിച്ചുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുകയാണ് അനന്തമായ ഫലത്തിന് നമ്മൾ ഭാഗവാക്കളാണ് അല്പമായ ഫലം ഭിക്ഷക്കാരെ പോലെ നമുക്ക് അനന്തതയുടെ മേലെ ഇരുന്നുകൊണ്ട് നാലണയോ എട്ടെണയോ ചോദിച്ചുകൊണ്ട് നടക്കണോ അനന്തമായ വസ്തു നമുക്ക് കിട്ടും പക്ഷെ ആളുകൾക്ക് എപ്പോഴും അല്പത്തിലാണ് ഭഗവാന്റെ അടുത്ത് പോയാൽ അൽപ്പത്തിലാണ് ആഗ്രഹം ഒരു വലിയ മഹാത്മാവ് ഞാൻ കഴിയുന്നത് ഈ പേരുകളൊക്കെ പറയാൻ പറയാതിരിക്കുകയാണ് ഒരു വലിയ സെയിൻറ്റ് വലിയൊരു ജീവൻ മുക്ത പുരുഷൻ അദ്ദേഹം ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അനുയായികൾ ഉണ്ട് അനുയായി വൃന്ദങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവും ഭക്തന്മാരും അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ആളുകൾ വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് വെച്ച് നമസ്കരിക്കും ഒരു വസ്തു അദ്ദേഹം കയ്യിൽ കുറച്ചു നേരം വെച്ചിട്ട് ആരുടെങ്കിലും കയ്യിൽ കൊടുക്കും അപ്പൊ ഭക്തന്മാർക്ക് ആ ഒരു പൊരുൾ എന്തെങ്കിലുമൊക്കെ ഗുരുവിന്റെ കയ്യിൽ നിന്ന് കിട്ടണത് വലിയൊരു നിധി പോലെയാണ് അതവരുടെ ഭാവം അപ്പൊ ഒരു ദിവസം നല്ല കാശ്മീരി ഷോൾ ആരോ ഒരു ഭക്തൻ കൊണ്ടുവന്ന് നിവേദിച്ചു അദ്ദേഹം ആ ഷാളെടുത്ത് കയ്യിൽ വെച്ച് കുറെ നേരം നോക്കി തോളിലിട്ടു കയ്യിൽ വെച്ചു അപ്പോ ഭക്തന്മാരുടെ മനസ്സ് മുഴുവൻ ഈ ഷാളിലാണ് ആർക്കാണ് കിട്ടുക ഇത് ആ ഗുരു ആർക്ക് തരും എനിക്ക് തരുമോ എനിക്ക് തരുമോ എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാവരും കിട്ടും കിട്ടുമോ എന്ന് കാത്തുകൊണ്ടിരിക്കുമ്പോ ഈ സദ്ഗുരു ആ ഷാളിനെ മടക്കിട്ട് ചുരുട്ടിയിട്ട് പുതിയതായിട്ട് ഒരാൾ വന്നിരിക്കും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റാണ് വ്യാപാരിയാണ് അയാൾ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് അയാളുടെ മേത്തേക്ക് ഈ ഷാളിന് എറിഞ്ഞു കൊടുത്തു അപ്പൊ ഈ ഡിവോ ടി സി ഭക്തന്മാർക്കൊക്കെ അതിലൊരു ഹർഷം ഒരു ആശ്ചര്യം അയാൾ എത്ര ഭാഗ്യം ചെയ്തു അയാൾക്ക് ഈ ഷോള് കിട്ടി ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടാത്തത് ഇയാൾക്ക് കൊടുത്തു പക്ഷെ എല്ലാവരും നോക്കിയിരിക്കുമ്പോ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ആ ഷാളിനെ ആദ്യം എടുത്ത് ചുരുട്ടിയിട്ട് ഈ ഗുരുവിന്റെ മേത്തേക്ക് തന്നെ ഒരു എന്നിട്ട് വളരെ വികാരഭരിതനായി ആ മനുഷ്യനെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഞാൻ ഇപ്പോ ഒരു ഫോൺ കോൾ ചെയ്താൽ ഈ ഷാൾ കാശ്മീരിലുള്ള ഫാക്ടറീസ് നാലെണ്ണം വാങ്ങിക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ട് ആദ്യ ആളുകൾ വിചാരിച്ച് ഇദ്ദേഹം അഭിമാനത്തോടെ പറയുകയാണെന്നാണ് അല്ല അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ ഒരു ഫോൺ കോൾ ചെയ്താൽ നാല് ഫാക്ടറി ഇതുപോലെ വാങ്ങിക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ട് പണം കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കണത് എനിക്ക് പണം കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഒരു വസ്തുവും വേണ്ട ഈ കൊടുക്കലും വാങ്ങിക്കലും എനിക്ക് മതി ഞാൻ ഒരു അല്പമായ ഒരു വസ്തുവും കിട്ടാൻ ആഗ്രഹിക്കണില്ല എനിക്ക് നിങ്ങളുടെ കൃപയാണോ വേണ്ടത് ഈ ഷാളും ഈ വസ്തുക്കളും ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല എനിക്ക് വേണ്ടത് ഏതൊന്ന് കിട്ടിക്കഴിഞ്ഞാലാണോ പിന്നെ ഒന്നും ആഗ്രഹം ഉണ്ടാവാത്തത് പരിപൂർണമായ സംതൃപ്തി ഉണ്ടാവുക ആ വസ്തുവിനെ അന്വേഷിച്ചാണ് ഞാനിവിടെ വന്നിരിക്കണത് എന്നുള്ളത് ആ സദ്ഗുരുവിന്റെ അനുഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്തു എന്ന് ഒരു നടന്ന ഇൻസിഡന്റാണ് അപ്പോ അൽപ്പത്തിൽ മനസ്സ് വയ്ക്കാതിരിക്കാതാണ് ഭൂമാവൈ സുഖം നാൽപ്പേ സുഖമസ്തി ശരീരം കൊണ്ട് പ്രവർത്തിച്ചിട്ടും മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടും ബുദ്ധി കൊണ്ട് വിവേചനം ചെയ്തിട്ടും ഒക്കെ കിട്ടണത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അല്പമായി പോകും അത് പ്രകൃതിയിലേക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് അനന്തമാണ് അനന്തമെന്താ നമ്മളുടെ സ്വരൂപം സുഖം നമ്മളുടെ സ്വരൂപമായ സുഖം നമ്മൾക്ക് കിട്ടുന്ന ഫലത്തിൽ നമ്മൾ കൊതിച്ചാൽ നമ്മളെ അൽപ്പന്മാരായി പോവും ആ സുഖം വരികയും പോവുകയും ചെയ്യും അനന്തമൊരിക്കലും വരില്ല പോവില്ല അത് നിത്യമാണ് ആ അനന്തമായ വസ്തുവാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾക്ക് കർത്തൃത്വത്തിനെയും ഭോക്തൃത്വത്തിനെയും എടുത്തു നമുക്ക് എന്തെങ്കിലും കർത്തവ്യം ഇവിടെ ഉണ്ടെന്നോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കണം ദിവ്യം എന്ന് പറയുന്നതോ അതിൽ പോലും കൊതി ഉണ്ടാവാൻ പാടില്ല ആധ്യാത്മികമായിട്ട് പോലും ഉണ്ടാവുന്ന ശാന്തി ആനന്ദം സുഖം അതിൽ അഡിക്ഷൻ ഉണ്ടാവാൻ പാടില്ല ഭോഗ്യത്വം ഉണ്ടാവാൻ പാടില്ല അതിനെപ്പോലും നിന്ന് രസം ആസ്വദിച്ച് നിൽക്കാൻ പാടില്ല നമ്മളില്ലാതാവണം നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്യുക നിസ് അങ്ങനെയുള്ള ആൾക്കെ കർത്തവ്യം ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലഷർ ലവിങ് ആണെങ്കിൽ ഉള്ളിൽ ആന്തരികമായ പ്ലഷറാണെങ്കിലും ശരി അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവുമ്പോൾ അറിഞ്ഞുകൊള്ളുക ഈഗോ നമ്മളുടെ ഉള്ളിലുണ്ട് ആധ്യാത്മികമായ ഡിപ്രഷൻ വിരഹമാണെങ്കിലും ശരി എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എനിക്കിനീ ജ്ഞാനം ഉണ്ടായില്ലോ എനിക്കിനീ ഭക്തി ഉണ്ടായില്ലോ ആരായി പറയണത് എനിക്കിനി പലതും ചെയ്യാനുണ്ട് ആരാ പറയണത് അതിനാണ് ഭഗവാൻ സ്വഭാവം എന്ന് പറയണത് അതിനെ തന്നെ നമ്മൾ അഹങ്കാരമെന്നും പറയണം വ്യക്തിത്വം നിൽക്കും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനിവിടെ ഉണ്ട് എന്നുള്ള വിചാരം ഉള്ളത്തോളം കാലം വ്യക്തിത്വം നിൽക്കും ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നിടത്തോളം കാലം വ്യക്തിത്വം നിൽക്കും അതുകൊണ്ടാണ് ദാസ്യഭാവം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭക്തന്മാര് രക്ഷപ്പെടും ഭക്തിയില് വളരെ ഉയർന്നതാണ് ഈ ദാസ്യഭക്തി ബാക്കിയുള്ള ഭക്തിയിലൊക്കെ ഇത്തിരി ഇത്തിരി മനസ്സ് പ്രവർത്തിക്കും ഈ ദാസ്യഭക്തിയിൽ മനസ്സില്ല ദാസന് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും യജമാനൻ പറയണതാണ് മുഖ്യം യജമാനൻ എന്നെ എന്ത് ചെയ്യിപ്പിക്കണോ അതാണ് മുഖ്യം എന്റെ ഇഷ്ടം എന്റെ സ്നേഹം എന്റെ ഭക്തി അതിനൊന്നും പ്രാമുഖ്യമല്ല ഫസ്റ്റ് ഒബേ അതാണ് ദാസ്യഭക്തി ഗുരു എന്ത് പറഞ്ഞാലും ദാസൻ ചെയ്യും യജമാനൻ എന്ത് പറഞ്ഞാലും ദാസൻ ചെയ്യും അപ്പൊ എന്താവും ദാസന്റെ അഹന്തയില്ലാതായിട്ട് തീരുന്നു അതേപോലെ നമ്മളുടെ ജീവിതം തന്നെ നമ്മളുടെ ഗുരുവാണെന്നും നമുക്ക് നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മളുടെ ഗുരുവിന്റെ ഇച്ഛയാണെന്നും അന്തര്യാമയുടെ ഇച്ഛയാണെന്നും ഒരുത്തൻ കരുതി ദാസ്യഭാവത്തിനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കണമായിരുന്നു ഇങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു ഇന്ന പോലെ എനിക്ക് ഉണ്ടാവണമായിരുന്നു ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഞാൻ അത് ചെയ്യണം അത് ചെയ്തില്ല എനിക്കിത് കിട്ടിയില്ല ഒന്നും ഉണ്ടാവില്ല എവിടെ വെച്ചാലും ആനന്ദമാണ് എന്ത് തനിക്ക് ചെയ്യണമോ അത് ചെയ്യും എന്താണോ തനിക്ക് ചെയ്യേണ്ട പ്രവൃത്തി അത് ചെയ്യും ആ പ്രവൃത്തിയുടെ ഫലം എങ്ങനെ വന്നാലും കുഴപ്പമില്ല ഈശ്വരേച്ച അയാൾക്ക് ആധ്യാത്മികമായും ഒരാഗ്രഹമില്ല ലൗകികമായിട്ടും ഒരാഗ്രഹമില്ല ദാസനം ന മോക്ഷകാംക്ഷ ന വിഭവവഞ്ചാപി ജനമേ ന വിജ്ഞാനാപേക്ഷ ശശിമുഖി സുഗാ പിന്ന പുനഃ അതസ്വാൻ സയാജേ ജനനി ജനം യാതും മമ മയി ദൃഢാണി രുദ്രാണി ശിവശിവ ഭനീതി ജപഥ എന്നാചാര്യസ്വാമികളുടെ ഒരു സ്തോത്രത്തിൽ ചൊല്ലി എനിക്ക് മോക്ഷത്തിലോ ആഗ്രഹമില്ല ധനം വേണമെന്നും ആഗ്രഹമില്ല പുനർജന്മം വരാതിരിക്കണമെന്നുള്ള ഭയമില്ല യാതൊന്നുമില്ല അന്ന് വ്യക്തിത്വം പോയി എന്നർത്ഥം ആഗ്രഹം എപ്പോ പോകുന്നു അപ്പൊ വ്യക്തിത്വം പോയി വ്യക്തിത്വം പോയാൽ ആഗ്രഹം ഉണ്ടാവില്ല നമ്മളുടെ സ്വധർമ്മം നമ്മൾ ചെയ്യും സ്വധർമ്മം ചെയ്യുന്നത് തന്നെയാണ് തപസ് സ്വധർമ്മം ചെയ്യുന്നത് തന്നെയാണ് ഭക്തി ജീവൻ മുക്തനായ ആൾക്കെ ഒരുവിധ സങ്കല്പത്തിന്റെയും ഇൻട്രൂഷൻ ഇല്ലാതെ സ്വധർമ്മം ചെയ്യാൻ പറ്റുള്ളൂ അയാൾക്കൊന്നിലും ഫാസിനേഷൻ ഇല്ല അപ്പൊ പിന്നെ സ്വധർമ്മം ചെയ്യാൻ എന്താ അയാൾക്കൊന്നും കിട്ടണമെന്നില്ല അപ്പൊ പിന്നെ മുമ്പിലിരിക്കുന്ന കർമ്മം ചെയ്യാൻ എന്താ തനിക്ക് എന്താണോ അതാത് സമയത്ത് ചെയ്യേണ്ടത് അതാത് കാര്യങ്ങൾ അയാൾ ചെയ്യുമെന്നല്ലാതെ അയാൾക്ക് ഇത് വിട്ടിട്ട് എന്തിലെങ്കിലുമൊക്കെ സങ്കല്പുണ്ടെങ്കിലല്ലേ ഞാനിപ്പോ പറയണത് നമ്മളവിടെ എത്തിയോന്ന് ഒന്ന് ഒന്ന് ധ്യാനിച്ചു നോക്കൂ നമ്മളെ ആ സ്ഥിതിയിൽ ഇരുത്തി ഒന്ന് ധ്യാനിച്ചു നോക്കൂ നമ്മൾ ആരും സ്വതന്ത്രരല്ല സ്വാതന്ത്ര്യം വരാതിരിക്കാൻ കാരണം നമ്മളുടെ തന്നെ അഭിമാനമാണ് അതുകൊണ്ടാണ് രമണ ഭഗവാൻ അക്ഷരമണമാലയില് മാനത്തെ അഴിത്ത് അഭിമാനമില്ലാതെ ഒളിരരുണാച്ചല മാനം കൊണ്ടുരുപവർ മാനത്തെ അഴിത്ത് അഭിമാനമില്ലാതൊളിരണാച്ചല ഹേ അരുണാചല മാനം കൊണ്ടുരുപവർ ഉള്ളില് മാനം കൊണ്ടാണ് ഈ ജനങ്ങൾ വല്ലാതെ വിഷമിക്കണത് ഗീതയിലും അമാനിത്വം ആണ് ജ്ഞാനത്തിന്റെ ആദ്യ ലക്ഷണമായി പറഞ്ഞത് ഒന്നിലും മാനമില്ല തന്നെ എവിടെ വെച്ചാലവിടെ ഇരുന്നോളാം എന്ത് പണിയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകിച്ച് ഒരു ധ്യാനമോ പ്രത്യേകിച്ച് ഒരു അനുഷ്ഠാനമോ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസിലൊരു ഫാസിനേഷനോ ഒന്നുമില്ല അതിന് സ്വഭാവമെന്ന് പറയുന്ന നമ്മളുടെ പ്രകൃതി നമ്മളുടെ ലിമിറ്റേഷൻ പരിച്ഛേദം അഭിമാനം അത് നിശേഷ ഭസ്മമായാലേ പറ്റൂ നിങ്ങൾ ഈ ഐഡിയൽ വെച്ചുകൊണ്ട് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ ജീവിച്ചു നോക്കുമ്പോൾ കാണാം എന്താണ് തടസ്സം എന്ന് കാണാം ഉള്ളിലെ ആള് പറയും പറയും ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ മുപ്പത് പേരെ പറ്റില്ല ഒരു രീതിയിലിരിക്കണമെന്ന് നിങ്ങളുടെ ശുദ്ധ ബുദ്ധി പറയുമ്പോ ഇരുന്നൂടെ എന്താ തടസ്സം സ്വഭാവം സമ്മതിക്കണില്ല അപ്പെന്താ നമ്മളുടെ ബുദ്ധി കൊണ്ട് എന്ത് നിശ്ചയിച്ചാലും സ്വഭാവം സമ്മതിച്ചിട്ടില്ലെങ്കിൽ കാര്യമില്ല അപ്പൊ ആ സ്വഭാവം എങ്ങനെ നീങ്ങി സ്വരൂപം എങ്ങനെ പ്രകാശിക്കും ജ്ഞാനേനതു തത് ഏഷാം നാശിതം ആ അജ്ഞാനം എങ്ങനെ നശിക്കും ജ്ഞാനം കൊണ്ടുവേണം നശിക്കാം ഞാനും എന്താ കേൾക്കുന്നുണ്ടല്ലോ ഇതാണ് ഞാനും ഈ കേൾക്കുന്നതാണ് ഞാനും ശ്രവണം കൊണ്ട് ഇപ്പൊ ഉള്ളില് ചെവിയിലൂടെ ഉള്ളിൽ പോകുന്നു അതാണ് വിതുരൻ പറയണത് മൈത്രേയ മഹർഷിയോട് കണ്ണീര് വിട്ടുകൊണ്ട് പറയുന്നു ഭഗവാനെ അനേകാനേക വർഷങ്ങളായി ഞാനിതാ ഹസ്തനാപുരത്തിൽ നിന്നും നടന്ന് ചെവികളിലൂടെ ഈ അമൃതം കുടിച്ച് ഉള്ളിലുള്ള മഹാരോഗം ശമിപ്പിക്കാനായി ദാഹിച്ചുകൊണ്ട് നടന്നു വന്നിരിക്കുന്നു എനിക്ക് ഉപദേശിക്കുമെന്ന് യഹ് കർണനാടീം പുരുഷസ്യ യാത ഭവ്രദാം ഗേഹരത്തി ചിനത്തി ചെവിയിലൂടെ അതകമേക്ക് ചെല്ലുമ്പോ എന്റെ ഉള്ളിൽ കിടക്കുന്ന അജ്ഞാനത്തിനെ എനിക്ക് ദുഃഖത്തിന് കാരണമായിരിക്കുന്ന അഭിമാനത്തിനെ ഇല്ലാതാക്കി തീർക്കുന്ന ആ മരുന്നിനെ ചെവിയിലൂടെ ഒഴിക്കൂ കർണനാടീം പുരുഷസ്യാത ഇതാ ഈ ജ്ഞാനം നമ്മളുടേതായിട്ട് തീരണമെങ്കിൽ നമ്മൾ മനനം ചെയ്യുകയും ദൈനംദിന ജീവിതത്തിൽ നിരന്തരം വിചാരം ചെയ്യുകയും ഭക്തിമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ കർമ്മമാർഗത്തിലൂടെയോ അഥവാ മൂന്നും സ്വീകരിച്ചുകൊണ്ടോ അജ്ഞാനത്തിനെ ഇല്ലാതാക്കി തീർക്കണം അജ്ഞാനം എന്താ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്നുള്ള ഭാവം ഉദിക്കാതെ നിത്യനിരന്തരമായ ആത്മതത്വം ഹൃദയത്തിലെ അനുഭവത്തിൽ വരണം അഥവാ ഭഗവത് ധ്യാനമേർപ്പെടണം ആത്മതത്വം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കും അതുകൊണ്ട് ഭഗവത് ധ്യാനമേർപ്പെടണം ഭഗവാൻ എന്നും പരമാത്മാവെന്നും ബ്രഹ്മമെന്നൊക്കെ ഒറ്റ വാക്ക് തന്നെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ ശബ്ദത്തിലെ വ്യത്യാസവും സ്വീകരിക്കുക ഇപ്പൊ പറയുന്നത് അങ്ങോട്ട് സ്വീകരിക്കുക എന്നിട്ട് വിചാരം ചെയ്യുക അപ്പൊ എന്താവും ഞാനേനതു തത് അജ്ഞാനമേഷാം തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയ തത്പരം ആ ജ്ഞാനം ഉള്ളിൽ ചെല്ലുമ്പോ സൂര്യൻ എങ്ങനെ ലോകത്തിലുള്ള വസ്തുക്കളെ ഒക്കെ പ്രകാശിപ്പിക്കുന്നുവോ അതുപോലെ നമ്മളുടെ യഥാർത്ഥ സത്ത എന്താണ് എന്ന് ആ അറിവ് നമ്മൾക്ക് തന്നെ പ്രകാശിപ്പിച്ചു നമ്മളുടെ സ്വരൂപം എന്താണെന്നും അതിൽ കർത്തൃത്വമില്ലെന്നും ഭോക്തൃത്വമില്ലെന്നും സത്തയിൽ അഹമില്ല അഹ അഹത്തിന് സത്തയില്ല മനസ്സിലാവുണ്ടോ അഹത്തിന് സത്തയിൽ നിൽക്കാൻ പറ്റില്ല സത്തയിൽ കാലമൊന്നുമില്ല ഉണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തില് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നുള്ള കാലമൊന്നുമില്ല ഭൂതവർത്തമാന ഭാവികളൊന്നുമില്ല അതിൽ മനസ്സങ്ങനെ പെൻഡുലം പോലെ ചലിക്കുമ്പോഴാണ് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലമൊക്കെ ഉണ്ടാവുന്നതും അവിടെ ഒരു ഞാൻ എന്നുള്ള അഭിമാന ഉദിച്ച് വരുന്നതുമൊക്കെ നിത്യനിരന്തരമായ അസ്തിത്വമാണ് സത്ത ആ സത്തയിൽ ഇരുപ്പ് സ്വരൂപത്തിൽ കാലമില്ല അവിടെ ഞാനെന്നുള്ള അഭിമാനമെല്ലാം അതിൽ ഞാനെന്ന അഭിമാനം ഉദിക്കുമ്പോഴാണ് ഞാനെന്നും ഈശ്വരനെന്നും പിളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിടൽ ഇണ്ടൽ ഓങ്കായ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു എന്നൊക്കെ പറയണത് ഓങ്കാരമായ പൊരുൾ എന്താ ഈ കേവലമായ അസ്തിത്വമാണ് അത് നമ്മളുടെ സ്വരൂപമാണ് ഉണർവ് നമുക്ക് സിദ്ധമാണത് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതാണ് അത് ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ട് ഇത് വിഷമാണ് ഇത് മനസ്സിലാവില്ല എന്നൊക്കെ ഈ കഥ പറയണ ആളുകൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവാതാക്കിയിരിക്കുന്നത് കണക്ക് പഠിക്കണം അത്രയും കെമിസ്ട്രി ഫിസിക്സ് പഠിക്കണം അത്രയും കമ്പ്യൂട്ടർ പഠിക്കണം അത്രയൊന്നും ഇതിന് ബുദ്ധിമുട്ടില്ല അതൊന്നും മനസ്സിലാവാതെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്കിത് പിടികിട്ടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല തീർച്ചയായിട്ടും സാധിക്കും വേണമെന്ന് ആഗ്രഹിക്കണം അതിലേക്ക് ശ്രദ്ധ പതിയണം നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ശരീരം ഞാനല്ല ശരീരം ഒരിക്കലും ഞാനെന്ന് ചൊല്ലണില്ല അതിനനുഭവമില്ല അനുഭവത്തിന് ശരീര സംബന്ധമില്ല ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ശരീരത്തിലല്ല ഇരിക്കണത് അതിലാണ് ശരീരം ഒരു തോന്നലായിട്ട് പുറത്ത് നിൽക്കുകയാണ് പ്രകൃതിയില് ഉണ്ട് എന്നുള്ള ജീവഭൂതമായ അനുഭവം അതിനെ ശ്രദ്ധിക്കുമ്പോ അതിൽ ഞാൻ എന്നുള്ള പ്രത്യേക വ്യക്തിത്വം അസ്മിത്വം അസ്തിത്വത്തിൽ ഒരു തോന്നൽ മാത്രമാണ് ആംനസ് ഇസ് ഓൺലി ആൻ അസംഷൻ ഇൻ ഈസ്നസ് ഉണ്ട് അതിനെയാണ് ജ്ഞാനം നമുക്ക് പ്രകാശിപ്പിച്ചു തരണത് ശ്രദ്ധയെ നമ്മളിലേക്ക് തിരിച്ചുവിട്ട് അജ്ഞാനത്തിനെ നീക്കി ആദിത്യവത്ത് പ്രകാശയത്തി എന്ന് കൃഷ്ണൻ പറയുമ്പോ കൃഷ്ണന് മനസ്സിലാവില്ലെന്നും കൃഷ്ണൻ പറയണത് ശരിയല്ലെന്നും ഇതൊന്നും എല്ലാവർക്കും മനസ്സിലാവില്ലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റോ ആദിത്യവത്ത് ജ്ഞാനം പ്രകാശയത്തി തത്പരം ആദിത്യനതുല്യം ജ്ഞാനം പ്രകാശിപ്പിക്കും യർഹ്യ്ജനാപചരണേഷണയോരുഭക്യാ ചേതോമലി വിധമേത് ഗുണകർമ്മജനി തസ്ൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാദ്യമലദൃശോ സവിതൃപ്രകാശ എന്ന് ഭാഗവതം ഏകാദശ സ്കന്ധത്തില് നിവിനവയോഗി സംവാദത്തിൽ പറയണം ചിത്തത്തില് ഭക്തി കൊണ്ട് ചിത്രം ശുദ്ധമാകുമ്പോഴും ഉണ്ടാവണതിതാണ് ആത്മതത്വം പശ്യത്തി നല്ല തെളിവായി ആത്മതത്വത്തിനെ കാണുന്നു ഉള്ളത് ആത്മാവാണെന്നും അതിൽ ഞാനെന്നും നീയെന്നും അവനെന്നും ഒക്കെയുള്ള ഭ്രമം തോന്നുകയാണെന്നും ത്വം അഹം ഇതം ഇതീയം കൽപ്പന ബുദ്ധിദോഷാത് പ്രഭവതി പരമാത്മനി അദ്വയെ നിർവികൽ പ്രവിലസതി സമാധോ അസിയ സർവോ വികൽപ്പിലയനമുപച്ചേത് വസ്തുതത്വദൃഷ്ട്യാം വസ്തുവിനെ തെളിഞ്ഞു കാണുമ്പോ ഈ വികൽപ്പമൊക്കെ നീങ്ങുകയും ഞാനെന്നും നീയെന്നും അവനെന്നുമുള്ള ഭ്രമമൊന്നുമില്ല തദ്ുഷ്മോരസ്മതിസംപ്രതിഷ്ഠ തസ്ൻ വിനഷ്ടേ അസ്മതിമൂലബോധാത് യുഷ്മത് അസ്മത് മതി വർജിതീക സ്ഥിതി ജ്വലന്തി സഹജാത്മന സാത് എന്ന് രമണ ഭഗവാൻ സദർശനത്തിൽ പറയുന്നു സഹജസ്ഥിതി എന്നൊരു സ്ഥിതി ഉണ്ട് അത് ആദ്യം സ്വീകരിക്കുക എന്ന് വെച്ചാൽ സത്യം സഹജമാണ് സത്യം നാച്ചുറൽ ആണ് സത്യം നമുക്ക് എപ്പോഴും ലബ്ധമാണ് എന്ന് സ്വീകരിക്കാം എന്നിട്ട് ആ സഹജമായ സത്യത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ് അസ്മത് യുഷ്മദ് എന്നുള്ള മതിയാണെന്നാണ് എന്ന് വെച്ചാൽ ഞാൻ എന്നൊരാൾ ഉണ്ടെന്നും നീ അവൻ എന്നും അതിൽ ഈ ഞാൻ എന്താണെന്ന് വിചാരം ചെയ്ത് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്നുള്ളത് ഉദിക്കുന്ന സ്ഥലത്ത് അസ്തമിക്കുകയും അവിടെ യുഷ്മദ് അസ്മദ് മതി വർജിതായേകാസ്ഥിതി ഞാൻ നീ എന്നുള്ള ബുദ്ധികൾ കൊണ്ട് മുറിക്കപ്പെടാത്തതായ അഖണ്ഡാകാരമായ അവിഛന്നമായ പ്രജ്ഞ ബോധം അവിടെ പ്രകാശിക്കും അത് നമ്മളുടെ സ്വരൂപമാണ് സഹജാസ്ഥിതി അങ്ങനെ സഹജാസ്ഥിതി ജ്ഞാനം കൊണ്ട് തെളിയും വിചാരജ്ഞാനം കൊണ്ട് തെളിയും സത്സംഗത്തിൽ നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾക്ക് പരിപാകത ഉണ്ടെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ വിചാരമുദിക്കും വിചാരമുദിക്കുകയും ചിലപ്പോൾ നിങ്ങളുടെ പ്രാരബ്ധത്തിനനുസരിച്ചും മറ്റുമൊക്കെ അല്പമായിട്ട് ഒരു തെളിച്ചമുണ്ടാവും ആ തെളിച്ചവുണ്ടായാൽ പതുക്കെ പതുക്കെ ഇനി എന്തു വേണം അതാണ് ഭഗവാൻ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയണത് വ്യവഹാരത്തിൽ മറന്നു പോവാതെ സൂക്ഷിക്കും അത് അല്പമെന്ന് തെളിഞ്ഞാലും വ്യവഹാരത്തിൽ മറന്നു പോകുന്നു അതിന് രമണ ഭഗവാൻ ഒരു കഥ പറയും അങ്ങനെ അതെങ്ങനെയാ മറന്നു പോണത് എന്ന് ചോദിച്ചാൽ രസമായ ഒരു കഥ ഭഗവാൻ പറയണത് ഒരു രാജാവിന് ഒരു മന്ത്രി ആ മന്ത്രി രാജാവിനെ തന്റെ കൈവശം വെച്ചുകൊണ്ട് രാജ്യ രാജകൊട്ടാരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ ഉപദ്രവിച്ചുകൊണ്ട് അടക്കി ഭരിച്ചുകൊണ്ട് രാജാവിനെ കാണാൻ ആരെയും സമ്മതിക്കില്ല താൻ ധാരാളം അവിടുത്തെ സമ്പത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്ന മന്ത്രി അപ്പൊ ഇയാളെ ഒരു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം എന്തായി കൊട്ടാരത്തിലുള്ള എല്ലാവരും മറ്റു മന്ത്രിമാരും സൈന്യാധിപനും എല്ലാവരും ഇയാൾക്കെതിരെ അപ്പൊ അവരൊക്കെ കൂടെ കൂടിച്ചേർന്നൊരു മീറ്റിംഗ് കൂടി എങ്ങനെയാണ് അപ്പൊ ഇയാളെ ഇല്ലാതാക്കുക അപ്പൊ അവര് ഒരു പ്ലാൻ ഉണ്ടാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചു അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ കാവൽക്കാർക്ക് ഏർപ്പാട് ചെയ്ത് വെച്ചു അരമനയിലെ കാവൽക്കാരോട് പറഞ്ഞു ഒരു കാരണവശാൽ ഇയാളെ ഉള്ളിൽ കടത്തരുതെന്ന് വളരെ ജാഗ്രതയോടുകൂടി തീരുമാനിച്ച് ഏർപ്പാടാക്കി വെച്ച് മന്ത്രിയെ കൊട്ടാരത്തിലേക്ക് കടത്തരുത് എന്നിട്ട് രാജാവിനെ ന്യൂസും കൊണ്ടു കൊടുത്തു മന്ത്രി വളരെ സീരിയസ് ആയിട്ട് സുഖ കേട് പിടിച്ച് കിടക്കുകയാണ് വളരെ സീരിയസ് ആയിട്ട് സുഖമില്ലാതെ വ്യാധി പിടിച്ച് കിടക്കുകയാണ് എപ്പോ വേണമെങ്കിൽ ആൾ പോവാം എന്ന് പറഞ്ഞ് ന്യൂസ് കൊടുത്തു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരം വൈദ്യൻ ന്യൂസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ ഇത്തിരി ഭേദമായി എന്ന് പറയും പിന്നെ അടുത്ത ദിവസം പറഞ്ഞു വളരെ സീരിയസ് ആയി എന്ന് പറയും ഇങ്ങനെയൊക്കെ രാജാവിന് അപ്പൊ രാജാവ് ഒരു ദിവസം തോന്നി മന്ത്രി ഒന്ന് പോയി കാണണം ഉടനെ കൊട്ടാരൻ ജോത്സ്യൻ പറഞ്ഞു ഇപ്പൊ സമയം മോശമാണ് അങ്ങിയിരിക്കുന്ന സ്ഥിതിയില് മന്ത്രിയെ പോയി കാണാനൊന്നും പാടില്ല അത് അങ്ങയ്ക്ക് പോലും ആപത്തുകൾ വെക്കും എന്നൊക്കെ ജോത്സ്യം പറഞ്ഞു അപ്പൊ രാജാവും മന്ത്രിയെ കാണാൻ പോകണ്ട എന്ന് വെച്ചു ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു ഡ്രാമ നടത്തി മന്ത്രിയെ ഉള്ളിൽ ഈ മന്ത്രിയുടെ ആളുകളൊക്കെ ഉള്ളിൽ വരാനൊക്കെ ശ്രമിച്ചു കൊണ്ടിരുന്നു ആരെയകത്ത് അപ്പൊ കൊട്ടാരത്തിൽ നടക്കുന്നതൊക്കെ മന്ത്രിയുടെ ചാരന്മാരും മന്ത്രിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് അദ്ദേഹം പല വിധത്തിൽ കിടക്കാൻ നോക്കി ഒരു വിധത്തിലും അദ്ദേഹത്തിനകത്ത് കിടത്തില്ല എന്നായി അപ്പൊ ഈ മന്ത്രി എങ്ങനെയെങ്കിലുമൊക്കെ രാജാവിനെ കാണണമെന്ന് തീരുമാനിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു ഒരു ദിവസം രാജാവ് പുറത്ത് കുറെ കാലത്തേക്ക് രാജാവിനെ പുറത്തു പോകാനും അവർ സമ്മതിച്ചില്ല ഒരു ദിവസം രാജാവ് നാടു ചുറ്റിക്കാണാനിങ്ങനെ ഇറങ്ങി പോകുമ്പോ ഈ മന്ത്രി ഒരു മരത്തിന്റെ കൊമ്പിന്റെ മേലെ കയറിയിരുന്നു കയറി എന്നിട്ട് രാജാവ് വരുമ്പോൾ ശരിക്കും രഥത്തിൻ്റെ മുമ്പിൽ ഒരു ചാട്ടം ചാടാനായിട്ട് തയ്യാറായിട്ട് നിന്നതാണ് എന്നിട്ട് തൻ്റെ അനൗൺസ് ചെയ്യാനായിട്ട് ഈ നടന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയണം തന്നെ പറ്റിച്ചതാണ് കൊട്ടാരത്തിൽ വിടുന്നില്ല അപ്പോ രാജാവ് ഇങ്ങനെ രഥത്തിൽ പോകുമ്പോൾ മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്ന മന്ത്രി പെട്ടെന്ന് രാജാവിൻ്റെ മുമ്പിലേക്ക് ചാടി ചാടിയതും ഈ കൂടെ ആളുകളും വിട്ടപുള്ളികളല്ല ഒട്ടനെ അടുത്തിരിക്കുന്ന ഒരാൾ ഭസ്മം എടുത്തിട്ട് അങ്ങനെ വീശി എന്നിട്ട് പറഞ്ഞു മന്ത്രമൊക്കെ ചൊല്ലാൻ തുടങ്ങി ഒറ്റ ഒറക്കെ ബാൻഡ് വാദ്യമൊക്കെ വഴക്കി എന്ന് പറഞ്ഞു ആ പ്രേതം മുമ്പിൽ വന്ന് മന്ത്രി മരിച്ചു കഴിഞ്ഞു എന്നിടയിൽ ന്യൂസ് വന്നു മന്ത്രി മരിച്ചു കഴിഞ്ഞു എന്നുള്ള ന്യൂസ് വന്ന ശേഷമാണ് രാജാവ് പുറത്തു പോകുന്ന ഒരു ദിവസം ഈ മുമ്പിൽ വന്ന് ചാടുമ്പോ ഒട്ടനെ എടുത്തെറിഞ്ഞ് രാജാവിനെ കാണാതാക്കി മന്ത്രിയെ പിടിച്ചുകൊണ്ട് പോയി അതിൻ്റെ ആരോ എന്നിട്ട് പറഞ്ഞു ആ പ്രേതം നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കാനും സൂക്ഷിച്ചോളണം മന്ത്രിയുടെ ഭൂതം പലരും കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് അതൊക്കെ ശരിക്കും മന്ത്രി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നൊക്കെ രാജാവിനടുത്ത് പറഞ്ഞു ഭസ്മംമാരി അറിഞ്ഞിട്ട് എന്നിട്ട് ആ കൊട്ടാരത്തിലെ ജ്യോതിഷനും വൈദികന്മാരും മന്ത്രവാദികളും ഒക്കെ കൂടെ രാജാവിനോട് പറഞ്ഞു പ്രത്യേക ഒരു പൂജയൊക്കെ നടത്തണം അതിനെ പല സ്ഥലങ്ങളിലും പലരും കാണുന്നുണ്ട് അതിനെ കണ്ടാൽ അടുത്തുപോലും നിൽക്കരുത് വളരെ അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ ബോധിപ്പിക്കുകയും രാജാവ് വളരെ ഭയപ്പെട്ട് നടക്കുകയും ചെയ്തു ഇത്രയൊക്കെ ആയപ്പോ മന്ത്രിക്ക് അറിഞ്ഞു ഇനി നമുക്ക് കൊട്ടാരത്ത് പ്രവേശിക്കാൻ പറ്റില്ല മന്ത്രി ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പോയി അപ്പോ ഒരിക്കൽ രാജാവ് കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇദ്ദേഹം ധ്യാനിച്ചിരിക്കുന്നത് കണ്ടു കണ്ടതും രാജാവ് പേടിച്ചിട്ട് കുതിര വേറെ പോയി ആ പ്രേതം അവിടെ ഇരിക്കുന്നുണ്ടെന്ന് തീരുമാനിച്ച് രാജാവ് അവിടുന്ന് പോവുകയും ചെയ്തു ഈ കഥ ഭഗവാൻ എന്തിനാ ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചാൽ വാസുദേവ മനനത്തിലോ ഉള്ള കഥയാണത് അതായത് മന്ത്രിയെ ശരിയാണെങ്കിലും ഈ കൂടെയിരിക്കുന്ന ആളുകള് അത് പ്രേതമാണെന്നും ഭൂതമാണെന്നും വന്നതാണെന്നും ഒക്കെ പറഞ്ഞ് അതിനെ മറച്ചു പിന്നീട് ഒരിക്കൽ കണ്ടാൽ സ്വയമേവ കണ്ടാൽ പോലും അത് ശരിയല്ലെന്ന് തോന്നുന്ന രീതിയിൽ ഒരു അറിവുണ്ടാക്കി തീർത്തു അല്ലേ ഇതുപോലെയാണ് ബുദ്ധിയിലുള്ള അജ്ഞാനം അല്പനേരത്തേക്ക് ഒരു അനുഭവം ഉണ്ടായാൽ പോലും ആ അനുഭവത്തിനെ ശരിയായ അനുഭവമല്ലെന്നും അത് വെറും തോന്നലാണെന്നും ഭ്രമമാണെന്നും ഒക്കെ പറഞ്ഞിട്ട് മറച്ചു അതുകൊണ്ടാണ് ബുദ്ധിക്ക് തെളിച്ചമില്ലെങ്കിൽ ശ്രവണജ്ഞാനമില്ലെങ്കിൽ ചിലർക്കൊക്കെ യോ ചിലർക്കൊക്കെ യോഗ സാധനയൊക്കെ ചെയ്തിട്ട് ചിലപ്പോഴൊക്കെ ചിലർക്ക് സ്വരൂപജ്ഞാനം സ്വരൂപ ദർശനം ഉണ്ടാവും പക്ഷെ സ്വരൂപ ദർശനം ഉണ്ടായാലും ശ്രുതിജ്ഞാനമില്ലാത്തതുകൊണ്ട് ശ്രവണം കൊണ്ട് ബുദ്ധിയിൽ തെളിച്ചമില്ലാത്തതുകൊണ്ട് അത് എന്തോ ആണെന്ന് വിരമിച്ച് തള്ളിക്കളയും ഭഗവാൻ രമണ മഹർഷിയുടെ കാര്യത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാവാമായിരുന്നു പക്ഷേ അതെന്തോ ഈശ്വരയെച്ച അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല തനിക്കുണ്ടായ ജ്ഞാനത്തിൽ ശ്രവണജ്ഞാനമില്ലാതെ തന്നെ അദ്ദേഹം ഇരുന്നു പിന്നീട് പലരും പുസ്തകത്തിലൊക്കെ ഒന്ന് വായിക്കുമ്പോഴാണ് ഓ ഈ അനുഭവമാണ് തനിക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനുവേണ്ടി ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ രമണ ഭഗവാൻ അപ്പോഴാണ് അറിയണത് അപ്പൊ ആദ്യം പലപ്പോഴും ഒരു ചെറിയ ഒരു തെളിച്ചമേ ഉണ്ടാവുള്ളൂ ഈ പറയണതൊന്ന് തെളിഞ്ഞൊന്ന് മിന്നിമറിയുള്ളില് ആ മിന്നിമറിഞ്ഞത് നമ്മൾക്ക് തെളിഞ്ഞറിയപ്പെടണമെങ്കിൽ അടുത്ത ശ്ലോകം നോക്കൂ തദ്ധയത്മാനഹ തന്നഷ്ടാ തത്പരാഹി അപുനരാവൃത്തിനിർൂതകൾമഷാ